്രഹ്മം ഉണ്ട് അനിത്യ ശുദ്ധ ബുദ്ധ മുക്തമാണ് അതെങ്ങനെ അറിയാം ബ്രഹ്മെന്ന് പറയുന്നത് ശബ്ദത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കുന്നത് അതുകൂടാതെ തന്നെ കാരണം ബ്രഹ്മത്തെ അറിയാമോ അറിയില്ല അറിഞ്ഞാൽ പിന്നെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവേണ്ട കാര്യമുണ്ട് അറിഞ്ഞില്ലെങ്കിൽ അറിയാൻ ആഗ്രഹം ഉണ്ടാകത്തുമില്ല അതാണ് ബ്രഹ്മപ്രസിദ്ധം അപ്രസിദ്ധം അതിനാണ് മറുപടി പറയുന്നത് അങ്ങനല്ല ബ്രഹ്മത്തെ അറിയാം ബൃഹദാദിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പിന്നെ സർവസ്യ ആത്മത്വാച്ഛ ബ്രഹ്മ അസ്തിത്വ പ്രസിദ്ധമാണ് എന്തുകൊണ്ട് സർവരുടെ ആത്മാവായതുകൊണ്ട് ഭാഷകാലം പറയുന്നത് സർവരുടെ ആത്മാവായിരിക്കും അതുകൊണ്ട് ബ്രഹ്മ അസ്തിത്വം പ്രസിദ്ധമാണ് ചോദിച്ചാലോ ്രഹ്മം പ്രസിദ്ധമാണോ അപ്രസിദ്ധമാണോ ഈ സർവാത്മത്വം അതുകൊണ്ട് പ്രസിദ്ധമായി എന്ന് പറഞ്ഞാൽ എന്താ ബ്രഹ്മം പ്രസിദ്ധമായി എന്ന് പറഞ്ഞാൽ എന്താണ് വിശീകരിക്കുന്നത് സർവോഹി ആത്മ അസ്തിത്വം പ്രത്യേക എല്ലാവരും ആത്മാഅസ്തിത്വത്തെ അറിയുന്നു ആത്മാഅസ്തിത്വം എന്ന് വെച്ചാൽ തന്റെ അസ്തി റിയുന്നുണ്ട് അസ്മി ഞാനില്ല എന്നാലും അറിയുന്നില്ല മനസ്സെന്താണ് ഞാൻ ഉണ്ട് എന്നറിയുന്നു അപ്പൊ അഹം അസ്മി എന്നുള്ള ഈ അനുഭവത്തിനാണ് ആത്മ അസ്തിത്വപ്രസിദ്ധി എന്ന് പറയുന്നത് ഞായ വേകാന്തനാ വിഷയം അസ്മത് പ്രത്യവിഷയത്വ പ്രത്യേകാത്മപ്രസിദ്ധേഹേ കേട്ടിട്ടുണ്ടോ എവിടെ ഭക്ഷ്യത്തിനെവിടെ എവിടെയാവിഷ്യത്തിൽ എവിടെ ഏതു ഭാഗത്ത് അത്യാസവശിക്കുന്നു വായിച്ചോ പണെടുത്ത് വല്ലപ്പോഴും അവിടെ ഇങ്ങനെ വായി നോക്കിയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇതെടുത്തൊക്കെ വായിച്ചു അതുകൊണ്ടൊരു നഷ്ടവും വരാൻ പോകുന്നില്ല വിഷയം മനസ്സിൽ പറഞ്ഞ അവിടെയും പറഞ്ഞു ആത്മാഅസ്തിത്വ പ്രസിദ്ധയ ആത്മാഅസ്തിത്വം പ്രസിദ്ധമാണ് അന്ന് വെച്ചാൽ ആത്മാഅസ്തിത്വത്തെ അറിയുന്നു എന്നർത്ഥം എല്ലാവർക്കും അറിയാം എങ്ങനെ അറിയാം അഹമസ്മി യഥി ഹിന്ന ആത്മാഅസ്തിത്വ പ്രസിദ്ധി ആത്മാവിന്റെ അസ്തിത്വം പ്രസിദ്ധമല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആത്മാവിന്റെ അസ്തിത്വത്തെ അറിയുന്നില്ലെങ്കിൽ യഥിഹി ആത്മാഅസ്തിത്വ പ്രസിദ്ധീസ് ആത്മാവിന്റെ അസ്തി അറിയുന്നില്ലെങ്കിൽ സർവോ ലോകോ എല്ലാ എല്ലാവരും അഹം നസ്മി അങ്ങനെ അറിഞ്ഞു ഞാനില്ല എന്നും അറിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഞാൻ ഉണ്ട് എന്നറിയുന്നതാണ് ആത്മാഅസ്തിത്വ പ്രസിദ്ധി ആത്മാവിനെ കുറിച്ച് അറിയുന്നത് ഞാൻ അറിയുന്നു എന്നുള്ള ഈ അറിവാണ് ഇതാണ് പക്ഷുകാരൻ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ബ്രഹ്മം എന്ന് പറയുന്ന ആശയത്തെ കൊണ്ടെത്തിക്കുന്നു കാരണം ഈ പറയുന്ന കാര്യത്തെ ആർക്കും എതിർക്കാൻ പറ്റത്തില്ല എന്താണ് എല്ലാവരുടെയും അനുഭവത്തിനോട് അഹം അസ്മി ഞാൻ ഉണ്ട് ഈ ഒരു അനുഭവം ഇല്ല എന്ന് ലോകത്ത് ആർക്കും പറയാൻ പറ്റി അപ്പോ പിന്നെ തർക്കം വരുന്ന എന്താണ് അതടുത്ത് ഇവിടെ പറയും ഞാൻ ഉണ്ടെന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഞാൻ ഉണ്ടെന്നുള്ള അനുഭവം എന്താണെന്നുള്ളതിലാണ് തർക്കം ഞാൻ എന്ന് പറയുന്നത് കൊണ്ട് ഒരു ശരീരം എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഞാനെന്ന് ബോധമാണ് തന്നിലുണ്ടാകുന്ന ഒരു ബോധമാണ് അപ്പം ഞാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ശരീരം കൂടെ വരും ഞാൻ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ശരീരം കൂടി വരും ഞാൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ ശരീരം കൂടി വരും ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ മനസ്സും കൂടി വരും ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ എന്റെ കണ്ണും കൂടി വരും ഇതെല്ലാം കൂടെ കൂടി ചേർന്നതാണ് ഇതിനെല്ലാത്തിനോടും കൂടി ബന്ധപ്പെടുത്തിയിട്ടാണെന്ന് പറയുന്നത് ഞാനെന്ന് പറയുന്ന ബോധി അപ്പൊ ഈ ഞാൻ ആത്മാ ഞാൻ എന്ന് പറയുന്നത് പ്രസിദ്ധമായിരിക്കുന്നത് ആത്മാവിന്റെ പ്രസിദ്ധിയാണ് ആത്മാവിനെ അറിയുന്നതാണെന്ന് പറയുമ്പോ അവിടെ മനസ്സിലാക്കി ആത്മാവെന്ന് പറഞ്ഞാ എന്താ എന്റെ അർത്ഥം എന്നുള്ളതാണ് ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അവിടെ പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ അറിയുന്നു അറിയുന്നു ആത്മാവിനെ അറിയുന്നതാണ് അപ്പൊ ആത്മാവെന്ന് പറയുന്നത് എന്താണ് അവിടെ ചന്ദ്രന് പറയും ആത്മാ ബ്രഹ്മ ആത്മാവെന്ന് പറഞ്ഞ ആത്മാവെന്ന് പറഞ്ഞ ബ്രഹ്മം എന്താണ് അത് ബ്രഹ്മശബ്ദത്തിന്റെ വിത്പത്തിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാന്ന് പറഞ്ഞ എന്താണ് നിത്യശുദ്ധ ബുദ്ധമുക്തം അപ്പൊ ആത്മാവ് അറിയുന്നുണ്ടോ ചോദിച്ച ഉത്തരവ് എന്താണ് അറിയുന്നുണ്ടോ എങ്ങനെ അറിയുന്നു ഞാനുണ്ടോ എന്ന് അറിയുന്നു അപ്പൊ ഈ ആത്മാവെന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മ ഈ ബ്രഹ്മന്ന് പറയുന്നത് എന്താണ് സത്യ ബുദ്ധ മുക്തം ഇതാണ് ശങ്കരാചാര്യര് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം മനസ്സിലായ ഇതെല്ലാരും അംഗീകരിക്കത്തില്ല അതവിടെയാണ് പ്രശ്നം വരും ഈ പറയുന്ന കാര്യം അംഗീകരിക്കും എന്താണ് അഹമസ്തി ഞാനുണ്ടോ എന്നുള്ള അനുഭവം ഉണ്ട് അത് ആത്മാവാണ് ശരി സമ്മതിക്കുന്നത് ആത്മാവാണ് പക്ഷെ ആത്മാവ് ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ബ്രഹ്മെന്ന് സംബോധിക്കും സമ്മതിക്കും എന്താ ഈ ബ്രഹ്മം പറയുന്നത് ബ്രഹ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹശബ്ദത്തിന്റെ ബ്രഹ്മശബ്ദത്തിന്റെ വിപത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും അതെന്താണ് നിത്യ ശുദ്ധ ബുദ്ധ എന്ന് പറയുമ്പോൾ പ്രശ്നവും ബാക്കി പറയുന്ന എന്താണ് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ കാര്യങ്ങൾ ഈ പറയുന്ന നിത്യശുദ്ധ ബുദ്ധമുക്തം എന്ന് പറയുന്നത് ആ ഭാഗത്തേക്ക് വരുമ്പോൾ തർക്കമല്ല അല്ലാതെ ആത്മാവിനാരും അറിയാതിരിക്കുന്നു പറയുന്നത് ആത്മാവിനെ അറിയുന്നുണ്ട് അതിനടുത്ത് പറയുന്ന എതിർഹി ലോകേ ബ്രഹ്മത്മത്വേന പ്രസിദ്ധമസ്തി താതമേവേത്തി ലോക മനുഷ്യര്മത്വേന പ്രസിദ്ധമസ്തി അവർക്ക് ആത്മാവ് എന്നിങ്ങനെ അവരറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആത്മാവിനെ ബ്രഹ്മെന്നറിയുന്നുണ്ടെങ്കിൽ തഥോജ്ഞാതമേ അവർ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞു ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞു ഈ ആത്മാവിനെ എന്തായിട്ട് അറിയണം ്രഹ്മ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും ലോകത്ത് സർവ്വ മനുഷ്യരും അറിയുകയാണ് എന്താണ് അഹം ഞാൻ എന്ന് പറഞ്ഞ ബ്രഹ്മമാണ് അങ്ങനെ പറഞ്ഞാസം അതെന്ന് പറയുന്നത് ബ്രഹ്മത്മത്വേന ഈ ആത്മാവ് എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്നത് നിത്യശുദ്ധ ബുദ്ധമുക്തമായി അറിയുന്നുണ്ടെങ്കിൽ അർത്ഥം അതോ ജ്ഞാതമേവ അപ്പൊ ബ്രഹ്മത്തെ അറിഞ്ഞുകഴിഞ്ഞു അജിജ്ഞാസ്യത്വം പിന്നെ അതിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹത്തിന്റെ ആവശ്യമില്ല അറിയാനുള്ള ആഗ്രഹം ഉണ്ടായില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് വിചാരം ചെയ്യില്ല അത് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പിന്നെ ബ്രഹ്മസൂത്രം ആര് ഇങ്ങനെയുള്ള ദോഷങ്ങൾ വരും അജിജ്ഞാസ്യത്വം പിന്നരമന അപ്പം വേണ്ട ചോദ്യം വരും ബ്രഹ്മ ആത്മ ബ്രഹ്മത്തെ അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നുള്ളതാണ് ഈ പറയുന്ന ഭാഷകാരം പറഞ്ഞ അനുസരിച്ച് എന്താണ് ഞാനെന്നറിയുന്നുണ്ട് ആ ഞാൻ ബ്രഹ്മമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാം വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കാം അത് നിത്യശുദ്ധ ബുദ്ധമുക്തമാണ് അപ്പൊ ബ്രഹ്മത്തെ അറിഞ്ഞു പറയുന്നു എന്തുകൊണ്ട് തദ്വിശേഷം പ്രതിഭ്രതിബദ്ധേ ഭാഷകാരൻ പറയുന്നത് എന്താണ് ഞാൻ ബ്രഹ്മമാണെന്ന് പറയുന്നത് എനിക്കറിയാം എങ്ങനെ അറിയാം ധരുംബശ്ദത്തിന്റെ വിൽപ്പത്തിയിലൂടെ അറിയാം എന്റെ വ്യാഖ്യാനത്തിലൂടെ അറിയാം എങ്ങനെ അറിയുന്നു ഞാൻ നിത്യശുദ്ധ ബുദ്ധ ബുദ്ധ സ്വഭാവ പക്ഷെ എല്ലാർക്കും അഭിപ്രായം ഇല്ല തദ്വിശേഷം പ്രതി അപ്പോ ഞാൻ അഹം അസ്മീന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല അത് സാമാന്യമായ ലോകത്തുള്ള സർവ്വമനുഷ്യർക്കുമുള്ള അനുഭവം എന്താ അസ്മീൻ പക്ഷെ അതിൻ്റെ വിശേഷം അതെന്താണ് അത് ബ്രഹ്മമാണോ ബ്രഹ്മമാണെങ്കിൽ തന്നെ അതെന്താണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തദ്വിശേഷം പ്രതി വിപ്രതി പ്രത്യേക വിരുദ്ധാഭിപ്രായങ്ങളുണ്ട് വിദ്വാന്മാരുടെ ഇടയിൽ തന്നെ സാധാരണ മനുഷ്യരുടെ അഭിപ്രായ ം ആത്മീയ പ്രാകൃത ലോകായതികട്ടിപാഹ അതിന് പല അഭിപ്രായത്തെ അസങ്ങളിൽ ചെലതു പറയുന്നത് എന്താണ് ദേഹമാത്രം അഹം അസ്മി പറയുന്നത് എന്താണ് വെറും ദേഹമാണ് ബ്രഹ്മമല്ല ദേഹം മാത്രം എന്ന് പറഞ്ഞാൽ വെറും ദേഹവും ചൈതന്യവിശിഷ്ടം ചൈതന്യത്തോടുകൂടിയ ദേഹം ഇതാണ് ആത്മീയ അവര് പറയുന്നു പ്രാകൃത ജനാഹ പ്രാകൃതജനങ്ങൾ ശാസ്ത്രബോധമില്ലാത്തവർ ഈ ശാസ്ത്രം ബ്രഹ്മസൂത്രം പോലെയുള്ള ശങ്കരഭാഷ്യം അറിയാത്തവരാണ് പ്രാകൃതന്മാര് അങ്ങനെയുള്ളവരും പ്രാവൃത ജനങ്ങളും ലോകായുതിക ലോകായുതികന്മാർ ആര് ചർവാകന്മാർ പ്രതിപന്ന അവരങ്ങനെ തിരിച്ചു അവരെന്താ പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് പോലെ അഹം അസ്മി എന്നുള്ള അനുഭവം ഞങ്ങൾക്കുണ്ട് അഹമസ്മി ലോകായുധകന്മാർ പറയുന്നത് പക്ഷെ അഹം അസ്മി എന്ന് പറയുന്നത് അവിടെ ഒരു ബോധമുണ്ട് പക്ഷെ കേവലം ബോധത്തെ ലാഭം എന്നറിയുന്നു പിന്നെയോ ഈ ശരീരത്തോടു കൂടിയിരിക്കുന്നു ആ ബോധം അതുകൊണ്ടാണ് ഞാൻ നടക്കുന്നു ഞാൻ കിടക്കുന്നു ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഇത് ശരീര സംബന്ധിയായിട്ടാണ് അറിയുന്നത് ഇന്ദ്രിയ സംബന്ധിയായിട്ടാണ് അറിയും മനസ്സംബന്ധിയായിട്ടാണ് അറിയുന്നത് അപ്പം അതാണ് ശരീരം എന്ന് എല്ലാം കൂടെ അതിനെയാണ് ഞാനെന്ന് പറയുന്നത് അതിനപ്പുറം ഈ ഭാഷകാരം പറയുന്ന തരത്തിൽ എന്താണ് ആത്മാവ് എന്ന് പറയുന്ന ഒരു വസ്തു അത് ബ്രഹ്മമാണ് ആ ബ്രഹ്മത്തെ എങ്ങനെ അറിയാം ബ്രഹ്മശബ്ദത്തിൻ്റെ വിൽപ്പത്തിയിലൂടെ അത് നിത്യശുദ്ധ ബുദ്ധമുക്തം എന്നൊക്കെ പറയുന്ന എന്താണ് വെറും വ്യാഖ്യാനത്തിലൂടെ ഭാവനയിലൂടെ ഊഹാപോഹങ്ങളിലൂടെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യമാണ് ഇല്ലാത്ത കാര്യം പറയാണ് ഉള്ളതെന്താണ് ചൈതന്യവിശിഷ്ടമായിരിക്കുന്നു ഈ ദേഹം ഈ ചൈതന്യവിശിഷ്ടമായ ഈ ദേഹം എത്ര കാലമുണ്ടോ അതുവരെ എന്തു ബോധമുള്ളൂ അഹം എപ്പോഴാണോ ഈ ചൈതന്യം നഷ്ടപ്പെടുന്നത് എന്ത് സംഭവിക്കുന്നു മരിച്ചു ചർവാകന്മാർ പറയുന്ന ആധുനികമാർ പറയുന്നതെ അഭിപ്രായവും അവരെന്താണ് പറയുന്നത് ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഊർജം നിലനിൽക്കുന്നതാണ് ജീവനെന്ന് പറയുന്നത് എന്തിനുള്ള ഊർജം ചിന്തിക്കാനും ഉള്ളിൽ ആഹാരം കഴിച്ചുകഴിഞ്ഞാൽ അതിനെ പാകം ചെയ്യാനും സന്താനങ്ങളെ ഉണ്ടാക്കാനും ഒക്കെ ആവശ്യത്തിനുള്ള ഊർജം ഈ ശരീരത്തിൽ നിലനിൽക്കുന്നതിനാണ് എന്താ ജീവനെന്ന് പറയുന്നത് ഇപ്പോഴാണ് ഊർജം നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ഊർജം നഷ്ടപ്പെട്ടു പോയ എന്തായി മരണം ഇതാണ് ചർവകന്മാരും പറയുന്നത് അതിനപ്പുറം അവര് പറയുന്ന അത് ഒരു ശക്തി വിശേഷമാണ് ഈ പഞ്ചഭൂതം അല്ലെങ്കിൽ നാല് ഭൂതങ്ങൾ പല ഭൂതങ്ങൾ കൂടി ചേർന്ന് ഇങ്ങനെ ഒരു ശരീരം രൂപപ്പെടുമ്പം അതിൽ നിന്നുണ്ടാകുന്ന കറക്റ്റ് ഭൗതികവാദമാണ് അവർ പഴയകാലത്തെ പറഞ്ഞത് ഉണ്ടാകുന്ന ഒരു ബോധത്തിനപ്പുറം നിങ്ങളീ പറയുന്ന ഈ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യശുദ്ധ ബുദ്ധമുക്തമാണീ ലോകത്ത് ഒരു മനുഷ്യനും അറിയില്ല ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും ഇനി കേട്ടെന്നിരിക്കട്ടെ പറഞ്ഞു നിന്നിരിക്കട്ടെ നിത്യമുക്ത ശുദ്ധ ബുദ്ധമാണ് എന്ന് പറഞ്ഞു നിന്നാലും എന്ത് ബോധമുണ്ടാകത്തുള്ളു ഈ ശരീര സംബന്ധിയായിട്ടുള്ള ചൈതന്യം ഇഷ്ടമായ ശരീരത്തിന്റെ ബോധം ഉണ്ടാകും പിന്നെ ഈ നിത്യ ശുദ്ധ എന്ന് പറയുന്നത് ഈ അദ്വൈനികൾ പറയുന്നത് അവര് പിന്നെ എന്ത് ധൈര്യത്തിലാണ് പറയുന്നത് അങ്ങനെയാണ് വ്യാകരണം എല്ലാര്ക്കും പറയാ അവർക്ക് മാത്രം വ്യാകരണം അതെങ്ങനെയാ പറയും ശ്രമിക്കാന ശ്രമീർക്കും അവസാനും നിങ്ങള് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യവിശിഷ്ടമായ ശരീരം എന്നാ പറയുന്നു പക്ഷെ ഞങ്ങള് ഞാനെന്ന് പറഞ്ഞ എന്തിനെ അറിയുന്നത് നിത്യശുദ്ധ ബുദ്ധ ഗുക്തമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു തീർന്ന ഞങ്ങളറിയുന്ന എന്തിനാ നിത്യശുദ്ധ ബുദ്ധ മുക്തമായിരിക്കുന്നു ബ്രഹ്മത്തെ ചറവന പറയുന്ന എന്താണ് ഞങ്ങളറിയുന്നത് ചൈതിന്റെ വിഷ്ടമായ ശരീരം അദ്വൈനി പറയുന്നത് എന്താണ് നിത്യശുദ്ധ ബുദ്ധമുക്തമായ ബ്രഹ്മത്തേണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്നത് എൻ്റെ അവസാനം ഇതവിടെ ചെന്നെത്തിയുന്നു ഇതെന്റെ അനുഭവമാണ് എന്ന് പറയുന്നു അപ്പൊ ചോദിച്ചാ അതങ്ങനെ ശരിയാവും നിത്യസിദ്ധ മുക്തമുക്തം എന്നൊക്കെയാണ് സത്യം പരമാർത്ഥമെങ്കിൽ അതെല്ലാരും അറിയണ്ട നിങ്ങൾ അദ്വൈതിക്ക് മാത്രമല്ല വേറെ ആർക്കും അത് അറിയാൻ പറ്റുന്നില്ല വേറെ ഒരുപാട് ദാർശനികന്മാരുണ്ടല്ലോ ഇവരാരും എന്തുകൊണ്ടറിയുന്നില്ല അദ്വൈതി മാത്രം എന്തുകൊണ്ടറിയുന്നു ചോദ്യം വരണ്ടേ ഇതൊരു സത്യമാണെങ്കി രണ്ടേ ഗുണം രണ്ടത്രയാണ് എല്ലാര് അറിയ എന്തുകൊണ്ട് എന്തുകൊണ്ടാ എല്ലാരും അറിയുന്നു എന്തുകൊണ്ടാ എല്ലാരും അറിയുന്നു അതൊരു യാഥാർഥ്യമാണ് അറിഞ്ഞേ പറ്റും അല്ല എനിക്ക് രണ്ടേ ഗുണം രണ്ട് അഞ്ചെന്ന് അറിയാൻ പറ്റില്ല എന്തുകൊണ്ട് അഞ്ചെന്ന് അറിഞ്ഞ തെറ്റാണ് രണ്ടേ ഗുണം രണ്ട് നാലെന്ന് എല്ലാവർക്കും അങ്ങനെ അറിയാൻ അറിയാൻ പറ്റും അപ്പൊ ചാർവാകനായി അദ്വൈതി പഠിപ്പിക്കാൻ പോവേ ചാർവാഹകനോട് അദ്വൈതി പറയണത് നിത്യശുദ്ധ ബുദ്ധമുക്തമാണ് ചാരമ്പര്യം താൻ എന്തായി പറയുന്നു ഞങ്ങൾക്ക് നീ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല നീ മനസ്സിലാകുന്നില്ല എന്നുള്ള നീ പറയുന്ന അബദ്ധമാണ് അസംബന്ധമാണ് ചൈതന്യം ഇഷ്ടമായ ശരീരമാണ് ആത്മാവെന്ന് പറയുന്നത് അല്ല വേറെ ആത്മാവൊന്നുമില്ല എന്റെ പറയുന്നതുകൊണ്ട് അല്ല നീ പറയുന്നതാണ് സത്യമെങ്കിൽ അദ്വൈതയോട് പറയുന്നത് നീ അറിയുന്നു പറയുന്ന ആരോ എനിക്കും ഉണ്ടാവണ്ടല്ലേ അപ്പൊ അത് ഇത് എന്തു പറയും ഏത് ഇത് പറയും നിനക്ക് അതിനുള്ള യോഗ്യത ഇല്ല ഇങ്ങനെ അറിയണമെങ്കിൽ എന്തു വേണം നീ പോരാ നിനക്ക് ഒരുപാട് യോഗ്യതകൾ ഇനി വരാനുണ്ട് എന്തു യോഗ്യത നിത്യാനിത്യവസ്തുപരമാ ഇതൊക്കെ നിനക്ക് ഉണ്ടാ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞ എന്തോരൂ ഈ ഞാൻ നിത്യ ശുദ്ധ ബുദ്ധമുക്ത എന്നുള്ള ബോധം ഉണ്ടാകത്തുള്ളു ചാർവാക എന്ത് പറയും സർവാനന്ദ പറയും ഈ പറയുന്ന യോഗ്യത നിങ്ങൾ ഈ പറയുന്നത് സത്യമാണ് യഥാർത്ഥമാണെങ്കിൽ എന്താണ് എല്ലാര്ക്കും ഉണ്ടാകേണ്ടതാണ് അപ്പൊ ഇതെല്ലാർക്കും ഈ അനുഭവം ഉണ്ടാകുന്നില്ല നിങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്നു പറയുന്നു ചർവാൻ പറയുന്നു നിനക്ക് ഉണ്ടാകത്തില്ല നിനക്ക് യോഗ്യത ഇല്ല എന്ന് പറയുന്നു എന്തിനു യോഗ്യത പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് കാരണം സത്യമാണെങ്കി എന്തു അനുഭവം ഇത് കള്ളം പറയുന്നോണ്ടാണ് യോഗ്യത പറഞ്ഞിട്ട് ആൾക്കാരെത്തിക്കുന്നു അവര് അപ്പൊ അതൊരിക്കലും അദ്വൈതി പറയുന്നത് ചരവാകന് സ്വീകരിക്കില്ല ചരവാകം പറയുന്നത് അദ്വൈതി സ്വീകരിക്കില്ല അവര് രണ്ടു രണ്ടു വഴിക്കേ സഞ്ചരിക്ക അങ്ങനെയാണ് അവടെ ചർവാകന്മാർ ഇന്ദ്രിയവ ചേതനാനി ആത്മീയത്യവര് വേറെ ചന്തു പറയുന്നു കാണുകയും കേൾക്കുകയും മുടക്കുകയും രുചിക്കുകയൊക്കെ ചെയ്യുന്ന ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയേതനാനി ഇന്ദ്രിയേതനാന്വ ആത്മാതനാനി ഇന്ദ്രിയേവ ചേതനങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളാണ് ആത്മാന്നും അവരെ അതും റോകന്മാരിലെ ചില ഗ്രൂപ്പുകളാണ് ഇതൊക്കെ അത് കുറച്ചുകൂടി ശരീരം വിട്ടിട്ട് കാരണം കേവലം ശരീരം കൊണ്ട് കാണുന്നില്ല മണക്കുന്നില്ല രുചിക്കുന്നില്ല അപ്പോൾ കാണുകയും മണക്കുകയും രുചിക എന്നൊന്നും ഉണ്ടല്ലോ അതിന് ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നു അപ്പോൾ കുറച്ചുകൂടെ കടന്നു ചിന്തിക്കുന്നു അപ്പോൾ അതാണ് ആത്മാവ് മനയിൽ തന്നെ പറയുന്നു ഈ കാണാനും കേൾക്കാനും ഉള്ള ഇന്ദ്രിയങ്ങളുണ്ടെങ്കിലും മനസ്സിലെങ്കിൽ ഇതൊന്നും പ്രവർത്തിക്കത്തില്ല പ്രവർത്തിപ്പിക്കുന്ന എന്താണ് മനസ്സുകൊണ്ട് മനസ്സാണ് ആത്മാവ് ചോദിച്ചു പറയുന്നത് വിജ്ഞാനം മാത്രം ക്ഷണികമിത്യ ക്ഷണികജ്ഞാനമാണ് ബൗദ്ധന്മാർ അവരെന്താ പറയുന്നത് ക്ഷണികമായ വിജ്ഞാനമാണ് ആത്മാവ് ഒരു ക്ഷണം മാത്രം ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന വിജ്ഞാനമാണ് ആത്മാവെന്ന് പറയുന്നു ഇനി ശൂന്യവാദികൾ പറയുന്നു മാധ്യമികന്മാര്യവ്യക്തി അവരെ ശൂന്യമാണ് ആത്മാവ് ഇനി വേറെ പറയുന്നു അസ്ഥി ദേഹാദി വ്യതിരിക്ത സംസാരി കർത്താ ഭോക്തവരെ താർക്കികന്മാര് അവര് എന്താണ് ദേഹാദികളിൽ നിന്നും സംസാരിയായി ജനിക്കുകയും ചെയ്യുന്ന കർത്താഭോക്താവും അസ്ഥി എന്നുണ്ട് അപരേന്ന് വേറെ ചേട്ട് പറയും ഭോക്തന്ന കി ഭോക്താവാണ് കർത്താവല്ലെന്ന് സംഖ്യന്മാർ പറയുന്നു പക്ഷുകാരൻ പറയാണ് ഇതൊക്കെ സാങ്ക്യന്മാരിങ്ങനെ പറയുന്നു അവരങ്ങനെ പറയുന്നു സാങ്കന്മാര് ചിലരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും എല്ലാരും ഇങ്ങനെ പറയുന്നു കേവലന്ന കർത്ത ഭോക്താവ് മാത്രമാണ് കർത്താവല്ല എന്ന് അവര് പറയുന്നു അസ്ഥിത്വ്യതിരിതീശ്വര സർവജ്ഞ സർവശക്തീജി ഇനി മറ്റു ചിലർ പറയുന്നത് എന്താണ് <laughs> <laughs> ീ ആത്മാവിൽ നിന്നും വേറിട്ടൊരു ഈശ്വരൻ ഉണ്ട് അത് ശങ്കരാചാര്യ സംഭവമുള്ള കാര്യ ആത്മാവിൽ നിന്നും ഈശ്വരൻ ഇല്ല ആര് പറയുന്നു ശങ്കരാചാര്യൻ പക്ഷെ വേറെ പറയുന്നുണ്ടെന്ന് അസ്ഥിതെന്ന് വെച്ചാൽ ജീവ വ്യതിരിതനായി ഈശ്വര സർവജ്ഞ സർവശക്തി സർവ്വശക്തനും സർവജ്ഞനുമായ ീശ്വരൻ ഉണ്ടെന്ന് കേരർ പറയും താർക്കും ആത്മാസഭോക്തിരത്തിയവരെ ഇനി വേറെ ഒരു കുട്ടർ പറയുന്നു എന്താണ് ആത്മാവ് കേവലം ഭോക്താവാണ് Oh, God. ആത്മാസഭോക്തെത്തിയവരെ അങ്ങനെ വേറെ കൂട്ടർ പറയുന്നു ദൈവം ബഹുവോ വിപ്രതിപന്നാഹ് ആത്മാവിനെ സംബന്ധിച്ചെന്താണ് വളരെയധികം ഭിന്നാഭിപ്രായങ്ങളുണ്ട് യുക്തി വാക്യതാഭാസ സമാശ്രയാഹസന്ധ അതെങ്ങനെയുള്ളത് യുക്തി ആഭാസങ്ങൾ യുക്തിയെപ്പോലെ തോന്നും യുക്തിയല്ല വാക്യ ആഭാസങ്ങൾ വാക്യങ്ങളെ പോലെ തോന്നും പക്ഷെ അത് വാക്യങ്ങൾ വാക്യങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന എന്താണ് ശ്രുതിവാക്യങ്ങൾ അപ്പോ യുക്തികളെ ആശ്രയിച്ചുകൊണ്ടും ശ്രുതിവാക്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടും എന്തു ചെയ്യുന്നു ശരിക്കും അത് യുക്തിയുമല്ല ശരിക്കും ശ്രുതിയുടെ അർത്ഥം മനസ്സിലാക്കുന്നില്ല വാക്യാഭാസം എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധവാക്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി എന്ത് മനസ്സിലാക്കാം ആത്മാവെന്ന് പറയുന്നത് നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപമാണ് പക്ഷെ അത് മനസ്സിലാക്കാതെ വാക്യ അഭാസങ്ങളെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ വാക്യത്തെ ശരിക്കും മനസ്സിലാക്കാതെ വ്യാഖ്യാനിക്കുന്നു അതുപോലെ തന്നെ യുക്തി യുക്തിക്കും വളരെ പ്രാധാന്യമുണ്ട് ശരിയായ യുക്തിയല്ല ഉപയോഗിക്കുന്നു അപ്പോൾ ഇവിടെ എല്ലാം ഈ നിത്യശുദ്ധ ബുദ്ധമുക്തമായ ആത്മാവെന്ന് പറയുന്നത് അത് മനസ്സിലാക്കുന്നതിന് ശരിയായ യുക്തി വേണം പിന്നെ ശരിയായ ശ്രുതിയുടെ വ്യാഖ്യാനം വേണം പിന്നെ അനുഭവം ഇത്രയും അതാണ് ശ്രുതി യുക്തി അനുഭവം ഇത്രയും കൊണ്ട് എന്ത് ചെയ്യുന്നു ആത്മാവിന് ബ്രഹ്മമെന്നറിയുന്നു അതായത് അഹം അസ്മിന്ന് താനീ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മമാണെന്നറിയുന്നതിന് ഇവിടെ പ്രധാനമായി പറയുന്നത് രണ്ടാണ് യുക്തിയും ശ്രുതിയും യുക്തിയും ശ്രുതിയിലൂടെയും അത് മനസ്സിലാക്കണം പിന്നെ ഒരാൾക്ക് പറയാം എന്താണ് ഞാൻ ഇതിനെ സമാധിയിൽ സാക്ഷാത്കരിച്ചിരിക്കുന്നത് ഇതെന്റെ അനുഭവമാണെന്നും പറയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ അനുഭവം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റൂ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല എന്നെ പറയാൻ പറ്റുമല്ല വേറെ ആളുടെ അനുഭവത്തെ ചോദ്യം നിഷേധിക്കാനോ ഒന്നും പറ്റത്തില്ല എനിക്കങ്ങനെ അനുഭവമില്ല അതേ പറയാം പക്ഷെ സാധാരണ എന്താണ് അനുഭവത്തെ ഒരു സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് അനുഭവത്തെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ അത് സർവസമ്മതമായ അനുഭവമായിരുന്നാലേ അതിന് മൂല്യമുള്ളൂ സർവസമ്മതമല്ലാത്ത ഒരു അനുഭവത്തെ പറഞ്ഞിട്ട് സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താണ് യുക്തി ആഭാസം എന്ന് പറയും അതൊരു യുക്തിയല്ല എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആർക്കും ഏതൊരു സിദ്ധാന്തത്തെയും എന്തു ചെയ്യാം എന്റെ അനുഭവം എന്ന് പറഞ്ഞ് സമർത്ഥിക്കും ഞാൻ പറയണേ എന്റെ ഉള്ളിൽ രണ്ടാത്മാവുണ്ട് എന്നൊരാൾക്ക് പറയാം ചോദിക്കും എങ്ങനെ എന്തുകൊണ്ട് അത് വെച്ചാൽ ഉറങ്ങുന്ന ഒരാത്മാവാണ് ഉണരുന്ന് വേറെ ആത്മാവാണ് വേറെ പറയുന്നതിൽ എൻ്റെ മൂന്നു ആത്മാവുണ്ട് എന്തുകൊണ്ട് ഉറങ്ങുന്ന ഒരാത്മാവ് സ്വപ്നം കാണുന്ന ഒരാത്മാവ് ഉണരുന്ന ഒരാത്മാവ് പറയുന്ന ഇതും നമുക്ക് പറയാൻ പറ്റും ഇതെന്റെ അനുഭവമാണ് ഞാൻ മൂന്ന് സ്ഥലത്ത് മൂന്നായിട്ടാണ് അറിയുന്നത് അനുഭവിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാത്മാവിനെ അംഗീകരിക്കാൻ പറ്റും അനുഭവത്തെ പ്രമാണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കും എന്തുകൊണ്ട് ഇതെന്റെ അനുഭവമാണ് അപ്പോൾ അങ്ങനെ ഒരാൾ വാശി പിടിച്ച് സിദ്ധാന്തങ്ങളെ സമർത്ഥിക്കാതിരിക്കാൻ വേണ്ടി പൊതുവായൊന്ന് അംഗീകരിക്കേണ്ടി വരും എന്താണ് എന്താണ് അനുഭവങ്ങൾ എന്തുകൊണ്ട് കൂട്ടുപിടിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ചേരുന്ന അനുഭവമായിരിക്കും എന്നാൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് പരസ്പരം ചർച്ച ചെയ്ത് ഒരു യോജിപ്പത്തിച്ചേരാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല എന്തുകൊണ്ട് എൻ്റെ അനുഭവം ഇപ്പോൾ രണ്ടുപേരും വ്യത്യസ്ത അനുഭവങ്ങളിലാണെങ്കിൽ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്തിട്ട് ഒരു സിദ്ധാന്തത്തെ അംഗീകരിക്കാനോ നിഷേധിക്കാനോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് സാധാരണ യുക്തിചിന്തയില് അനുഭവത്തെ പ്രമാണമായി സ്വീകരിക്കുന്നത് അനക്ഡോട്ടൽ പാലസ് എന്നു അനുഭവ വിവരണങ്ങളിൽ കൂടെ സമർത്ഥിക്കുക അതില് യുക്തിയില്ല വ്യക്തിനിഷ്ഠമായ അനുഭവം എന്നിവ പറയുന്നത് അപ്പൊ അത് യുക്തിയുടെ വഴിയുണ്ട് അനുഭവം സ്വകാര്യതയാണ് എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ട് ശരി പക്ഷെ അത് അങ്ങനെ ഒരു വേറെ പോയി നമുക്ക് എന്താ ഇന്ന അനുഭവം എന്ന് പറഞ്ഞ് ആ കാര്യത്തെ വേറെ സമർത്ഥിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അയാൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ശരി ഓക്കെ അങ്ങനെ ഒരു അനുഭവം ഇല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല രണ്ടും രണ്ടും കൂട്ടിയാൽ നാലാണെന്നുള്ള അനുഭവം എനിക്ക് ഉണ്ട് നിനക്കുണ്ടെങ്കിൽ നമുക്ക് പറയാം രണ്ടും രണ്ടും നാലാണ് പക്ഷെ എനിക്ക് രണ്ടും രണ്ടും കൂട്ടുമ്പോൾ ആറാണെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് രണ്ടും രണ്ടും നാലെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ രണ്ട് സിദ്ധാന്തത്തിൽ ഇരിക്കും എൻ്റെ അനുഭവത്തിൽ രണ്ടും രണ്ടും കൂട്ടി ആറാണ് അയാളുടെ അനുഭവത്തിൽ രണ്ടും രണ്ടും കൂട്ടി നാല് അപ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സിദ്ധാന്തവും എന്താണ് അവതരിപ്പിക്കാനും വ്യക്തി കൊണ്ട് സമർത്ഥിക്കാനും ഒരു സിദ്ധാന്തത്തെ രൂപീകരിക്കാനും ഒരിക്കലും സാധിക്കില്ല നടക്കുന്ന കാര്യം അനുഭവം എന്ന് പറയുന്ന എന്തുകൊണ്ട് അനുഭവം അത് സ്വകാര്യതയാണ് തനിക്ക് തന്നോട് പറയാൻ മാത്രമേ പറ്റൂ പിന്നെ അനുഭവത്തിന് പ്രചാരം കിട്ടുന്ന എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പദ്ധതി യുദ്ധ യുദ്ധമുക്തമാണ് ഞാൻ ുന്നു സമാനമായ സമാനമായ അനുഭവത്തിലോട് കടന്നു ആർക്കെങ്കിലും ഇത് ഉണ്ടാവുന്നുണ്ട് ആർക്കെങ്കിലും ഉണ്ടാവില്ല സമാനമായ അനുഭവത്തിലൂടെ കടന്നു ഒരാൾ പറയാനെന്താണ് എനിക്ക് കൊമ്പുണ്ട് പക്ഷെ പുറത്ത് കാണുന്നില്ല എനിക്കറിയാൻ എനിക്ക് കൊമ്പുണ്ടെന്ന് പുറത്തത് കാണാറില്ല ഉള്ളിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കും എന്ത് പറയാം എനിക്കും ഉണ്ട് കൊമ്പെന്ന് പറയാം അപ്പൊ ഇങ്ങനൊരു അനുഭവം ഉണ്ട് എന്നൊരാള് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രചാരം കിട്ടുന്ന എന്തുകൊണ്ടാണ് മറ്റൊരാൾക്ക് ഈ അനുഭവം ഉണ്ടോ ഇല്ലേ എന്നുള്ള നല്ല വിഷയമാണ് പിന്നെ എന്തുകൊണ്ടാണോ ഒരാള് പറയുന്നതിനും മറ്റൊരാള് വിശ്വസിക്കുന്നു പോലെയാണ് അതൊരു പാരസിയാണ് ബാൻഡാഗൻ പാലസീന്ന് എന്താണ് ഒരു ട്രെയിൻ കണ്ടിട്ടില്ലേ ട്രെയിൻ പിന്നില് കോച്ചിന്റെ പുറകെ എന്തു ചെയ്യും മറ്റേ കോച്ച് പോകും അതിന്റെ പുറകെ മറ്റേത് പോവും വേറെ ഇങ്ങോട്ടെങ്കിലും പോകാൻ പറ്റും പറ്റില്ല ആ ഒരു കോച്ചിന്റെ പുറകെ മറ്റേ കൊടാൻ പറ്റും എന്നുകൊണ്ട് അറിയപ്പെടുത്തിയിരിക്കണം അതുപോലെ ഏത് ആശയങ്ങളായാലും ശരി ഒരാശയം പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിലായാലും തത്വചിന്തയിലായിരുന്നു ലോകത്തിലായ ഒരു ആശയം പറഞ്ഞിട്ട് ആ ആശയത്തിൽ ഒരാൾ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അതിന് കൊളുത്തിയിടുക അത് കൊളുത്തിയിട്ടാ പിന്നെ അവൻ്റെയും അവന്റെ പിറകെ തന്നെ ഓടിക്കോളും അപ്പോൾ കുംഭമേളയിൽ അലഹബാതി പോയി ആഴുപ്പ് വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരാൾ പോയി കുളിക്കുമ്പോൾ മറ്റൊരുത്തിനും എന്തു ചെയ്യും വിശ്വസിച്ചിട്ട് അവനും എൻ്റെ പറയുന്നു പിന്നെ എന്തെങ്കിലും അവിടെ പോയി കുളിച്ചാലെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അത് കണ്ടുകൊണ്ട് എന്തെയും വേറെത്തനും പോകും എന്തായാലും ഇപ്പം എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്തായാലും കുളിക്കുകയില്ലേ കെട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നഷ്ടമൊന്നും വരാനില്ലല്ലോ അതുവരെ പോയി ഒന്ന് കുളിക്കുന്നേ കിട്ടിയാൽ വലിയ നേട്ടമാണ് ഇനി കെട്ടിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്തായാലും മോശം പക്ഷേ കിട്ടിയാൽ വലിയ നേട്ടമാണ് മോശം ഡോക്ടറി എടുത്തു കഴിഞ്ഞാൽ അടിക്കും എടുക്കാതിരുന്നടിക്കും എടുക്കായിരുന്നോ ഒരിക്കലും അടിക്കില്ലല്ലോ അതുകൊണ്ട് എന്തായാലും എടുത്തു വെച്ചേക്കാം അടിക്കുന്നു അടിച്ചിട്ട് എന്ന് കരുതും പോലെ എന്തായിരുന്നു ഒന്നിൻ്റെ പുറകെ വേറെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അങ്ങനെ വിശ്വാസത്തിന്റെ സ്വഭാവം അതാണ് പറയുന്നു ഇന്ന സ്വാമി അയാൾ വലിയ ബ്രഹ്മജ്ഞാനിയാണെന്ന് എനിക്ക് തോന്നിയാ ഞാൻ എന്തെയും ആ സ്വാമിയുടെ പുറകെ പോകും വേറൊരു സ്വാമി ബ്രഹ്മജ്ഞാനിയാണ് അങ്ങോട്ട് പോവും എന്താണോ ഇങ്ങനെ മനുഷ്യരിലെ എന്തു ചെയ്യും വിശ്വാസത്തിന്റെ പേരിൽ സ്വാമിമാരുടെ ഭക്തന്മാരാവും അത് അതിന് ആർക്കും അനുഭവം വേണോന്നൊന്നുമില്ല ഊരാൾക്ക് അനുഭവം ഉണ്ടായാൽ മതി ഒരാൾക്ക് അനുഭവം ഉണ്ടെന്ന് എന്താണ് തറപ്പിച്ചു പറഞ്ഞാൽ മതി മനസിലായോ ഒരാള് തറപ്പിച്ചു പറയണെന്താണ് ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്തമാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവനെന്ത് ചെയ്യും അതങ്ങ് വിശ്വസിച്ച് അവൻ അതിന്റെ പറയും അവനും പറയും കുറച്ചു കാലം കഴിയുമ്പോ തുടങ്ങാണെന്ന് കുറച്ചു കാലം കഴിയുമ്പോ യവനൊരു ശുദ്ധവും ഇല്ല ബുദ്ധവും എല്ലാം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ വേറെ തൊഴിലൊന്നും അറിയില്ലല്ലോ അവനു പിന്നെ ജീവിക്കണ്ടേ യവനും പിന്നെ എന്ത് പറയാൻ തുടങ്ങും കാരണം നിഗറി ജീവിതമാർഗോ ഇതൊക്കെ എന്താവും ജീവിതമാർഗം അഭിനന്ദിയും എന്തെങ്കിലും ശുദ്ധബുദ്ധമുക്തം എന്ന് എന്തെങ്കിലും അനുഭവം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്തായാലും എന്തെന്ന് പറയും ആ ശുദ്ധ ബുദ്ധമുക്ത എന്ന് പറയും അപ്പൊ അതുകൊണ്ട് എന്താണ് ഒരാൾക്ക് അനുഭവം ഉണ്ടായിന്ന് പറഞ്ഞ് വേറെ ആനുഭവം ഉണ്ടാവണോന്നില്ല ഇത് പ്രചരിക്കുന്നേ മനുഷ്യനെന്തുണ്ടായ മതി ആ പറഞ്ഞതിന് വിശ്വാസം ഉണ്ടായി കഴിഞ്ഞ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു എന്താണ് അവിടെ പോയി അഴുക്ക് വെള്ളത്തിൽ കുളിച്ച് കുളിച്ച് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും വിശ്വാസമാണ് എത്രയോ കോഴി ജനങ്ങൾ പോയി അവിടെ കുളിച്ച് അവരൊക്കെ വിശ്വസിക്കേണ്ട എന്താണ് ഇവിടെ എന്തോ വലുതായിട്ട് എന്തോ മോക്ഷം കിട്ടുമെന്ന് വിശ്വസിക്കുക ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉറപ്പുണ്ടോ ഈ മോഷത്തിൻ്റെ ആദ്യം കുളിച്ചോന് ഉറപ്പുണ്ടാകും രണ്ടാമത് കുളിച്ചവന് ഉറപ്പുണ്ടാകും അവസാനം കുളിച്ചോന്നെ ഉറപ്പുണ്ടാവും അവസാനം ഉണ്ടായി ഇനിയും കുറച്ചുപോലും കഴിയുമ്പോ എന്തു ചെയ്യും വീണ്ടും കുളിക്കും അതെങ്കിൽ കുറച്ചുകൂടെ ഒന്നും വൃത്തിയാക്കി നല്ലായിരുന്നു നല്ല വെള്ളത്തിൽ വിശ്വാസം എന്ന് വിശ്വാസം ഒരിക്കലും തെളിവ് ആവശ്യപ്പെടുന്നില്ല ഒരു തെളിവും വേണ്ട അത് ഒരു മാനസികാവസ്ഥയാണ് ആരും ആരോടും തെളിവ് ആവശ്യപ്പെടത്തില്ല അവിശ്വസിക്കുന്നു അത്രമാത്ര ഒരു പ്രത്യേകമായ മനസ്സിന്റെ ഒരവസ്ഥ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം ഒന്ന് ശങ്കരായ പറഞ്ഞെന്ത് ചെയ്യുന്നു ശിഷ്യന്മാരെല്ലാം വിശ്വസിക്കുന്നു പിന്നെ വിശ്വസിക്കാത്തവരും ഉണ്ട് അവരെന്ത് ചെയ്യും അവര് വേറെ ശ്രദ്ധാന്ത അവര് പറയും അദ്വൈതമല്ല ശരി വിശിഷ്ട ശരി നിങ്ങള് അതില് അപ്പൊ വേറൊരു സിദ്ധാന്തം ഉണ്ടാക്കുന്നത് ഇതിൽ വിശ്വാസം ഇല്ലാത്തോണ്ടാണ് എന്താണല്ല അവർക്ക് ബുദ്ധിയോ കഴിവോ ശേഷോ ഒന്നും ഇല്ലാത്തോണ്ടല്ല നിത്യശുദ്ധ ബുദ്ധമെന്ന് പറയുന്ന ഈ സിദ്ധാന്തത്തിൽ വിശ്വാസം ഇല്ലാത്തോണ്ട് എന്ത് ചെയ്യുന്നു വേറെ പല പല പല സിദ്ധാന്തങ്ങളുണ്ടാകും ഈ ശങ്കരാചാര്യങ്ങൾക്ക് മുമ്പ് പല സിദ്ധാന്തങ്ങളുണ്ടായിരുന്നു സാങ്കേതിക സിദ്ധാന്തം ഉണ്ടായിരുന്നു യോഗ്യ സിദ്ധാന്തം ഉണ്ടായിരുന്നു നയ്യായകന് സിദ്ധാന്തം ഉണ്ടായിരുന്നു വൈഭാഷികയില് സിദ്ധാന്തമുണ്ടായിരുന്നു ബൌദ്ധന്മാർക്ക് സിദ്ധാന്തമുണ്ടായിരുന്നു ഈ സിദ്ധാന്തങ്ങളിലൊന്നും തന്നെ ശങ്കരായകർക്ക് വിശ്വാസം ഇല്ലാത്തോണ്ട് എന്ത് ചെയ്തു പുതിയ സിദ്ധാന്തം ഉണ്ടാക്കി അത് തന്നെ തുടർന്നു പോകുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ വിശ്വാസം ഉണ്ടോ ഇല്ലയോ വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ അദ്വൈതി വിശ്വാസമില്ലെങ്കിൽ അവൻ മറ്റെന്തെങ്കിലും ഇത്രയുള്ളു അതുകൊണ്ട് അദ്വൈതിയുടെ നിലപാട് ഇതാണെന്ത് ത്യേക ബുദ്ധമുക്തം ആണ് ആത്മാവും അവര് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്വൈരിയാകാം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും രണ്ടു വഴിയോ വിശ്വാസം ഉണ്ടാകും ആ അതും അദ്വൈരിയുടെ വിശ്വസിക്കുന്ന ഒരദ്വൈരി ഉണ്ട് അങ്ങനെയാണ് വേണ്ടത് അത് വിശ്വസിക്കുന്ന പദ്ധതി ശരി ഒന്നും mm -hmm.